നബിയെ പറയുക അള്ളാഹു സുബാനഹൂവത്ത് ആലയ്ക്ക് പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പങ്കാളികളെക്കുറിച്ച് നിങ്ങളൊന്നു നോക്കൂ അവർ ഭൂമിയിൽ നിന്ന് എന്താണ് സൃഷ്ടിച്ചതെന്ന് എനിക്ക് കാണിച്ചു അതോ ആകാശങ്ങളിൽ അവർക്ക് പങ്കുണ്ടോ അതോ അവർക്ക് നാം ഒരു ഗ്രന്ഥം നൽകിയിട്ടുണ്ടോ അങ്ങനെ അവർ അതിലെ വ്യക്തമായ തെളിവുകളിലാണോ അക്രമികൾ പരസ്പരം നൽകുന്ന വാഗ്ദാനങ്ങൾ വഞ്ചനയല്ലാതെ മറ്റൊന്നുമല്ല